ം അഞ്ച് ഇസ്രയേൽ ഗ്രഹമേ ഞാൻ നിങ്ങളെക്കുറിച്ച് വിലാപം ചൊല്ലുന്ന ഈ വചനം കേൾപ്പീൻ ഇസ്രയേൽ കന്യക വീണിരിക്കുന്നു ഇനി എഴുന്നേൽക്കയും ഇല്ല അവൾ നിലത്തോട് പറ്റിക്കിടക്കുന്നു അവളെ നിവർക്കുവാൻ ആരുമില്ല യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു ഇസ്രയേൽ ഗ്രഹത്തിൽ ആയിരം പേരുമായി പുറപ്പെട്ട പട്ടണത്തിന് ശേഷിക്കും നൂറുപേരുമായി പുറപ്പെട്ടതിന് പത്തുപേർ മാത്രം ശേഷിക്കും യഹോവ ഇസ്രയേൽ ഗ്രഹത്തോട് ഇപ്രകാരം അരുളി ചെയ്യുന്നു നിങ്ങൾ ജീവിച്ചിരിക്കേണ്ടതിന് എന്നെ അന്വേഷിപ്പീൻ ബേത്തേലിനെ അന്വേഷിക്കരുത് ഗിൽഗാലിലേക്ക് ചെല്ലരുത് ബേർഷയിലേക്ക് കടക്കയുമരുത് ഗിൽഗാൽ പ്രവാസത്തിലേക്ക് പോകേണ്ടിവരും ബേത്തേൽ ായി ഭവിക്കും നിങ്ങൾ ജീവിച്ചിരിക്കേണ്ടതിന് യഹോവയെ അന്വേഷിപ്പിയും അല്ലെങ്കിൽ അവൻ ബേതേലിൽ ആർക്കും കെടുത്തുവാൻ കഴിയാത്ത ഒരു തീ പോലെ യോസെഫ് ഗ്രഹത്തിന്മേൽ ചാടി അതിനെ ദഹിപ്പിച്ചു കളയും ന്യായത്തെ കാഞ്ഞിരമാക്കി തീർക്കുകയും നീതിയെ നിലത്ത് തള്ളിയിട്ട് കളയുകയും ചെയ്യുന്നവരെ കാർത്തികയേയും മകയിരത്തെയും സൃഷ്ടിക്കുകയും അന്ധതമസിനെ പ്രഭാതമാക്കി മാറ്റുകയും പകലിനെ രാത്രിയാക്കി ഇരുട്ടുകയും സമുദ്രത്തിലെ വെള്ളത്തെ വിളിച്ച് ഭൂതലത്തിൽ പകരുകയും ചെയ്യുന്നവനെ അന്വേഷിപ്പീൻ യഹോവ എന്നാകുന്നു അവന്റെ നാമം അവൻ കോട്ടയ്ക്ക് നാശം വരുവാൻ തക്കവണ്ണം ബലവാന്റെ നാശം മിന്നിക്കുന്നു ഗോപുരത്തിങ്കൽ ന്യായം ധിക്കുന്നവനെ അവർ ദ്വേഷിക്കുകയും പരമാർത്ഥം സംസാരിക്കുന്നവനെ വെറുക്കുകയും ചെയ്യുന്നു അങ്ങനെ നിങ്ങൾ എളിയവനെ ചവിട്ടിക്കളുകയും അവനോട് കോഴയായി ധാന്യം വാങ്ങുകയും ചെയ്യുന്നതിനാൽ നിങ്ങൾ വെട്ടുകല്ലുകൊണ്ട് വീടുപണിയും അതിൽ പാർക്കയില്ലാത്ത നിങ്ങൾ മനോഹരമായ മുന്തിരിത്തോട്ടങ്ങൾ ഉണ്ടാക്കും അവയിലെ വീഞ്ഞ് കുടിക്കയില്ലാത്താനും നീതിമാനെ ക്ലേശിപ്പിച്ച് കൈക്കൂലി വാങ്ങുകയും ഗോപുരത്തിങ്കിൽ ദരിദ്രന്മാരുടെ ന്യായം മറിച്ചുകളയുകയും ചെയ്യുന്നവരെ നിങ്ങളുടെ അതിക്രമങ്ങൾ അനവധിയും നിങ്ങളുടെ പാപങ്ങൾ കഠിനവുമെന്ന് ഞാനറിയുന്നു അതുകൊണ്ട് ബുദ്ധിമാൻ ഈ കാലത്ത് മിണ്ടാതിരിക്കുന്നു ഇത് ദുഷ്കാലമല്ലോ നിങ്ങൾ ജീവിച്ചിരിക്കേണ്ടതിന് തിന്മയല്ല നന്മ തന്നെ അപ്പോൾ നിങ്ങൾ പോലെ സൈന്യങ്ങളുടെ ദൈവമായ ഹോവ നിങ്ങളോട് കൂടെ ഇരിക്കും നിങ്ങൾ തിന്മ ദ്വേഷിച്ച് നന്മ ഇച്ഛിച്ച് ഗോപുരത്തിങ്കൽ ന്യായം നിലനിർത്തുവാൻ പക്ഷേ സൈന്യങ്ങളുടെ ദൈവമായ ഹോവ യോസെഫിൽ ശേഷിപ്പുള്ളവരോട് കൃപ കാണിക്കും അതുകൊണ്ട് സൈന്യങ്ങളുടെ ദൈവമായ ഹോവ എന്ന കർത്താവ് ഇപ്രകാരം അരുളിച്ചെയ്യുന്നു സകല വീഥികളിലും വിലാപമുണ്ടാകും എല്ലാ തിരുക്കളിലും അവർ അയ്യോ അയ്യോ എന്ന് പറയും അവർ കൃഷിക്കാരെ ദുഃഖിപ്പാനും പ്രലാപന്മാരെ വിലാപിപ്പാനും വിളിക്കും ഞാൻ നിന്റെ നടുവിൽ കൂടി കടന്നു എല്ലാ മുന്തിരിത്തോട്ടങ്ങളിലും വിലാപമുണ്ടാകുമെന്ന് യഹോവ അരുളി ചെയ്യുന്നു യഹോവയുടെ ദിവസത്തിനായി വഞ്ചിക്കുന്ന നിങ്ങൾക്ക് അയ്യോ കഷ്ടം യഹോവിയുടെ ദിവസം കൊണ്ട് നിങ്ങൾക്ക് എന്തു ഗുണം അത് വെളിച്ചമല്ല ഇരുട്ടത്തറേ അത് ഒരുത്തൻ സിംഹത്തിന്റെ മുമ്പിൽ നിന്ന് ഓടിപ്പോയിട്ട് കരടി അവന് എതിർപ്പെടുകയോ വീട്ടിൽ ചെന്ന് കൈവച്ച് ചുമരോട് ചാരിയിട്ട് സർപ്പമവനെ കടിക്കുകയോ ചെയ്യുന്നത് പോലെ ആകുന്നു യഹോവയുടെ ദിവസം വെളിച്ചമല്ല ഇരുൾ തന്നെയല്ലോ ഒട്ടും പ്രകാശമില്ലാതെ അന്ധതമസ് തന്നെ നിങ്ങളുടെ മത്സരങ്ങളെ ഞാൻ ദ്വേഷിച്ച് നിരസിക്കുന്നു നിങ്ങളുടെ സഭായോഗങ്ങളിൽ എനിക്ക് പ്രസാദമില്ല നിങ്ങളെനിക്ക് ഹോമയാഗങ്ങളും ഭോജനയാഗങ്ങളും അർപ്പിച്ചാലും ഞാൻ പ്രസാദിക്കുകയില്ല തടിച്ച മൃഗങ്ങൾ കൊണ്ടുള്ള നിങ്ങളുടെ സമാധാനയാഗങ്ങളെ ഞാൻ കടാക്ഷിക്കുകയില്ല നിന്റെ പാട്ടുകളുടെ സ്വരം എന്റെ മുമ്പിൽ നിന്ന് നീക്കുക നിന്റെ വീണ നാദം ഞാൻ കേൾക്കയില്ല എന്നാൽ ന്യായം വെള്ളം പോലെയും നീതി വറ്റാത്ത തോടുപോലെയും കവിഞ്ഞൊഴുകട്ടെ ഇസ്രയേൽ ഗ്രഹമേ നിങ്ങൾ മരുഭൂമിയിൽ എനിക്ക് നാൽപ്പത് സംവത്സരം ഹനനയാഗങ്ങളും ഭോജനയാഗങ്ങളും അർപ്പിച്ചുവോ നിങ്ങൾക്ക് വിഗ്രഹങ്ങളായി നിങ്ങളുടെ നക്ഷത്ര കിയുവിനെയും നിങ്ങളുടെ രാജാവായ സിക്കുത്തിനെയും നിങ്ങൾ ചുമന്നുകൊണ്ട് പോകേണ്ടിവരും ഞാൻ നിങ്ങളെ ദമ്മശക്കിന് അപ്പുറം പ്രവാസത്തിലേക്ക് പോകുമാറാക്കുമെന്ന് യഹോവ അരുളി സൈന്യങ്ങളുടെ ദൈവം എന്നാകുന്നു അവന്റെ